ദേശീയ നാടക പരിപാടിയിൽ ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു ആമ്രപാലി മൂല തെലുഗു രചന ഇന്ദ്രഗണ്ഠി ശ്രീകാന്ത് ശർമ്മ ഹിന്ദി വിവർത്തനം ഡോ ടി വസന്ത മലയാള പരിഭാഷ സത്യനാഥ് രാമനാട്ടുകര സംവിധാനം മാത്യു ജോസഫ് ടി അശ്വതി ശബ്ദം നൽകിയവർ എൽ സുകുമാരൻ സൌപർണിക വാരിജൻ കെ സി കരുണാകരൻ പേരാമ്പ്ര ഹരികൃഷ്ണൻ നമ്പൂതിരി എൻ വി ബിജു സുന്ദർ രാജ് രാമനാട്ടുകര ടോമി എബ്രഹാം വിനോദ് മേക്കോത് എസ് വിജയകുമാർ ഗംഗാധരൻ ആയിടത്തിൽ അനിൽ ആയഞ്ചേരി എൻ കെ എടക്കയിൽ എം ടി ശ്രീകേഷ് ശോഭീഷ് പേരാമ്പ്ര ടി കെ മനോജ് ാടകം ആരംഭിക്കുന്നു തരളാ എവിടെ പോയി എല്ലാവരും സന്ധ്യാ നേരമായല്ലോ ആ അങ് വന്നോ എവിടെ എല്ലാവരും സന്ധ്യാവന്തനത്തിലുള്ള ഒരുക്കത്തിലാണ് ചിലർ കളരിയിൽ വിളക്ക് വെക്കാൻ പോയിരിക്കുന്നു ആ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പക്ഷേ മുഖം അങ്ങനെ തോന്നുന്നില്ലല്ലോ സ്വാമി മകധയിലെ രാജ പോയി ഗോപമന്ത്രിയെ കാണാൻ പക്ഷെ അദ്ദേഹം ായി വനത്തിൽ പോയിരിക്കുന്നു ഓ അതായത് പോയ കാര്യം നടന്നില്ലെന്നര്ത്ഥം എന്റെ കുട്ടിയെവിടെ അവള് സന്തോഷവതിയായി ചന്ദനക്കട്ടിലിൽ ഇരുന്ന് വീണ വായിക്കുന്നു അവളോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയാമോ നല്ല ക്ഷീണമില്ലേ അങ് പോയി കുളിച്ചിട്ട് വരൂ ഞാൻ കുളിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം ഭക്ഷണം തയ്യാറായിട്ടുണ്ട് ഭക്ഷണം കഴിച്ച ശേഷം അങ്ങക്ക് പ്രിയപുത്രിയുമായി മനസ്സ് നിറയെ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാലോ ഈ വീടിന്റെ വിളക്കാണവൾ അവളെയൊന്ന് കണ്ടാൽ അതോടെ എന്റെ ക്ഷീണമെല്ലാം ക്ഷമിക്കണേ സ്വാമി ഞാൻ വെറുമൊരു ഭൃത്യ പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ആമ്രപ്പാലിയുടെ വിവാഹം നടത്താനുള്ള ശ്രമത്തിലാണ് അങ്ങയുടെ ജീവിതത്തിന്റെ കേന്ദ്ര ഈ വീടിന്റെ ഐശ്വര്യ ദേവം പക്ഷേ വിവാഹം കഴിഞ്ഞ് അവൾ ഇവിടെ നിന്ന് പോയാൽ പിന്നെ അന്ന് ശേഷിച്ച ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കും ഏതൊരു അച്ഛന്റെയും ഗൃഹാങ്കണത്തിലെ സൗഭാഗ്യമാണ് മകൾ അവളെ മറ്റൊരാളുടെ വീട്ടുമുറ്റത്തേക്ക് വിടേണ്ടി വരുമ്പോൾ ദുഃഖമുണ്ടാവും സ്വാഭാവികം ഞാനും ഒരു അച്ഛനാണ് എന്റെ മകളെ യാത്രയാക്കുമ്പോഴും ഞാൻ ആഗ്രഹിക്കും അവൾക്കവിടെ സ്നേഹം കിട്ടണം സന്തോഷം കിട്ടണം ആദരവ് കിട്ടണം അവളുടെ ഓർമ്മകളിൽ നിങ്ങൾ അച്ഛനും മകളും തമ്മിലുള്ള അത്യപൂർവമായ ഈ സ്നേഹബന്ധം കാണുമ്പോൾ ഞാനും സന്തോഷിക്കാറുണ്ട് പക്ഷേ അങ്ങയുടെ ആഗ്രഹം നടക്കുമോ വൈശാലിയിലെ ജനങ്ങൾ അവരതിന് സമ്മതിക്കുമോ വൈശാലിയുടെ സുരക്ഷാ സേനയുടെ തലവനായിരുന്നു അങ് അങ്ങയുടെ കർത്തവ്യബോധവും ധീരതയുമൊക്കെ അവർ ഓർക്കുമോ പരിഗണിക്കുമോ ഈ അച്ഛന്റെയും മകളുടെയും സ്നേഹബന്ധത്തിന് അവർ വില കൽപ്പിക്കുമോ തീർച്ചയായും അതൊക്കെ കാണാതിരിക്കുന്നതെങ്ങനെ സമ്മതിച്ചാലും ശരി എതിർത്താലും ശരി വിവാഹം നടത്തണം അതെന്റെ തീരുമാനമാണ് ഒരാൾക്കും എന്നെ തടുക്കാനാവില്ല ഇക്കാര്യത്തിൽ ഗോപമന്ത്രി നമ്മളെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ തളാ കേട്ടിട്ടില്ലേ കർമ്മണ്ണിയെ വാധികാരസ്ഥേ പ്രയത്നിക്കുക ഫലം കിട്ടാതിരിക്കില്ല അദ്ദേഹം സഹായിക്കുമെന്ന് എന്റെ വിശ്വാസം ും വരുമ്പോൾ മാത്രമാണല്ലോ തനിക്ക് മിത്രമാര് ശത്രുന്ന് മനസ്സിലാക്കാനാവുന്നത് ജന്മം കൊടുത്ത അച്ഛന്റെ സ്നേഹത്തെക്കാൾ മഹത്തരമാണ് ദത്തെടുത്ത ഈ വളർത്തച്ഛന്റെ സ്നേഹം എനിക്കറിയില്ല ഏത് കൊടുങ്കാട്ടിൽ നിന്നാണ് ഈ കുഞ്ഞിനെ അങ്ങക്ക് ലഭിച്ചതെന്ന് അങ്ങവളെ മകളായി കരുതി വീട്ടിൽ കൊണ്ടുവന്നു അവളെ വളർത്തി വലുതാക്കി ആമ്രപാലി ഇന്ന് ഈ വീടിന്റെ മാത്രമല്ല ഈ വൈശാലി നഗരത്തിന്റെ ആകെ മൊത്തം വിളക്കാണ് ഇതാ വന്നല്ലോ അങ്ങയുടെപുത്രി വകതിയിൽ പോയിട്ട് എപ്പോഴും അല്ല എന്താ ഈ വിളക്കൊന്നും തെളിയിക്കാത്തത് വേലക്കാരൊക്കെ എവിടെ വരൂ മകളെ അച്ഛൻറെ തങ്കക്കുടം എന്താ പറഞ്ഞത് ഇരുട്ടോ ഇവിടെയോ ആ ശരിയാണ് കുറച്ചു മുമ്പ് വരെ ഇരുട്ടായിരുന്നു അല്ലേതല്ല പക്ഷേ ഇപ്പോൾ നോക്ക് എന്തൊരു പ്രകാശം സർവത്ര വെളിച്ചത്തോട് വെളിച്ചം ശരിയാണ് സ്വാമി ഇനിയിപ്പോൾ വിളക്ക് കത്തിക്കേണ്ട ആവശ്യമേ ആഹാ സേവിക തോഴി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം അച്ഛൻ എന്ത് പറഞ്ഞാലും ശരി സ്വാമി ശരി സ്വാമി എന്നല്ലാതെ മറ്റൊരു വാക്കില്ല അച്ഛൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചതല്ലേ വേഗം കുളിച്ചു വന്നോളൂ നിന്നെ കണ്ടതോടെ ക്ഷീണമൊക്കെ മാറിയില്ലേ മോളെ എന്തായാലും വരാം ആ അച്ഛ പിന്നെ ഇന്ന് നമുക്ക് ഭക്ഷണം മുകളിലാക്കാം തൃക്കാർത്തിക നാളിയിൽ തുറന്ന ആകാശത്തിന് താഴെ പാലൊളി നിലാവത്ത് പൂർണ്ണ ചന്ദ്രനെയും നിനക്കെന്താണോ ഇഷ്ടം അങ്ങനെ ഇപ്പൊ വരാം ഉം ഇന്നെന്തായാലും ഒരു കാര്യം സംഭവിക്കും ഉറപ്പ് അതെന്താ ഇന്ന് തൃക്കാർത്തിക ദിവസം പൗർണവിയിൽ ആകാശത്ത് മറ്റൊരത്ഭുതവും കൂടി സംഭവിക്കും എന്തു അത്ഭുതം അതായത് ഇന്ന് നിന്റെ മുഖ സൗന്ദര്യത്തിന്റെ ഈ വെട്ടിത്തിളങ്ങുന്ന ശോഭയുണ്ടല്ലോ അത് തിരിച്ച് ചന്ദ്രനിലേക്കും പ്രസരിക്കും പാവം ചന്ദ്രൻ തോറ്റുപോകും തമാശ പറഞ്ഞു കളിയാക്കാൻ എന്നെ മാത്രമേ ഇന്ന് കിട്ടിയുള്ളൂ അല്ലേ രാജാ വന്നില്ല അത് എല്ലാവർക്കും ഒരേ നിയമം തന്നെയല്ലേ ഒരു നിയമം മറ്റൊരു അതോ എല്ലാവർക്കും ഒരേ മാന്യ മഹാജനങ്ങളെ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ വൈശാലി നഗരത്തിന്റെ പരിപാലകനും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എട്ട് ലിച്ചാവി കുടുംബങ്ങളിലെ തലവന്മാർക്കും അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന മറ്റു തൊള്ളായിരത്തി പ്രമുഖ വ്യക്തികൾക്കും ഈ ജനസഭയിലേക്ക് സ്വാഗതം എല്ലാ മഹാരഥന്മാരും ീലിതരാവട്ടെ ഈ സദസ്സിൽ ഉപയോഗരായിട്ടുള്ള മഹാരഥന്മാരെ ഇന്ന് എട്ട് ഉന്നത കുലങ്ങളിൽപ്പെട്ടവർ ഇവിടെ ഇങ്ങനെ സമ്മേളിക്കുന്നതിനുണ്ടായ വളരെ ഗൌരവതരമായ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിവുണ്ടാകുമെന്ന് നാം കരുതുന്നു എനിക്കെല്ലാവരോടുമായി ഒരു അപേക്ഷയേ ഉള്ളൂ ശാന്തിക്കും സമാധാനത്തിനും ഭംഗം വരുത്തരുത് ഇന്ന് ഈ സഭ വിളിച്ചു ചേർത്തതിന്റെ ഉദ്ദേശ്യം ഒരു വിശിഷ്ട സഭാംഗത്തിനെതിരെ ഉയർന്നുവെന്ന ആരോപണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് സമൂഹത്തിൽ നിലനിന്നു പോകുന്ന നിയമങ്ങളെ നിരാകരിക്കുന്നുവെന്നതാണ് ആ ആരോപണം നമ്മുടെ സഭയുടെ തീരുമാനങ്ങൾ ഈ സമൂഹത്തെയാകെ ബാധിക്കുന്ന തീരുമാനങ്ങളാണ് രാജ്യത്തിന്റെ സംരക്ഷകർ നിർമ്മിക്കുന്ന അത്തരം നിയമങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വന്തമായ സുഖമോ സന്തോഷമോ സൽപേരോ ബാധകമാകില്ല ശരിയാണ് വൈശാലിയുടെ ഭരണ സംവിധാനത്തെ അപമാനിക്കാൻ ആർക്കും അവകാശമില്ല അത് അചഞ്ചലമാണ് ആരോപണം എത്ര ഗൗരവതരമാണെങ്കിലും അച്ചടക്ക മര്യാദകളുടെ സീമകളെ ലംഘിക്കാൻ ആർക്കും അധികാരമില്ല അവൻ എത്ര വലിയവനാണെങ്കിലും നിയമങ്ങൾ പാലിക്കപ്പെടുക ആരോപണവിധേയനായ വ്യക്തി എവിടെ ആരാണത് അദ്ദേഹത്തെ ഉടൻ സഭക്ക് മുമ്പാകെ ഹാജരാക്കട്ടെ സഭയുടെ വിശിഷ്ടാംഗമായ മഹാനാമൻ സ്വാമി അവർ സഭാധ്യക്ഷൻ സിംഹസ്വാമി കൂടാതെ വലിയ ബലവാന്മാരും പരാക്രമശാലികളുമായ എല്ലാ രാജ്യസഭാംഗങ്ങൾക്കും എന്റെ പ്രണാമം ഇന്ന് എന്നെ ഈ സഭയ്ക്കു മുമ്പാകെ വിചാരണയ്ക്കായി വിളിപ്പിച്ചതിന്റെ കാരണം മഹാനമൻ താങ്കൾ വൈശാലി ഭരണസഭയുടെ അത്യന്തം ബഹുമാനിക്കപ്പെടുന്ന അംഗമാണ് സാധാരണ ജനത്തിനുമുമ്പിൽ ആദർശവാനാണെന്ന് തെളിയിക്കേണ്ടത് താങ്കളുടെ ധർമ്മമാണ് ഞാൻ എപ്പോഴും ചെയ്തു പോന്നതും അതുതന്നെയാണ് ഞാൻ എന്ത് അപരാധമാണ് ചെയ്തിട്ടുള്ളത് അങ്ങയുടെ നേതൃത്വത്തിൽ ആരെങ്കിലും തെറ്റുചെയ്യാൻ ധൈര്യപ്പെടുമോ ഒരിക്കലുമില്ല എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു മഹാതവൻ അങ്ങയുടെ ദത്തപുത്രി ആമ്രപാലിക്ക് ഇന്ന് പതിനെട്ട് വയസ്സ് തികയുകയാണ് വൈശാലികൾ ജനങ്ങൾ ഏറ്റവും വലിയ സുന്ദരിപ്പട്ടം ചേർത്താനായി അവള് തിരഞ്ഞെടുത്തു കഴിഞ്ഞു അങ്ങാകട്ടെ ആമ്രപാലിയുടെ വിവാഹം നടത്താൻ ആഗ്രഹിക്കുന്നു എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ സത്യമാണ് ദത്തുപുത്രിക്ക് വിവാഹമോ എല്ലാം മറിഞ്ഞുകൊണ്ടും അങ്ങ് ആശ്ചര്യമായിരിക്കുന്നു ആമ്രപാലി എന്റെ മകളാണ് എന്റെ കുടുംബത്തിന്റെ ഐശ്വര്യ ദീപമാണ് അവൾ അനാഥയല്ല മക്കളില്ലാത്ത എനിക്ക് ദൈവം തന്ന അനുഗ്രഹമാണ് ഞാൻ മഹാനാമൻ ആമ്രമാരിയുടെ അച്ഛനാണ് അവരുടെ വിവാഹം നടത്താനുള്ള എന്റെ തീരുമാനം ഇത്ര വലിയ ഒരു എങ്ങനെ താങ്കൾക്ക് നമ്മുടെ നിയമസംഹിതയെക്കുറിച്ച് അറിവില്ലേ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളും നിയമങ്ങളും വെച്ച് ഇത്തരമൊരു കന്യകയുടെ അതായത് മാതാപിതാക്കൾ ആരെന്നറിയാത്തൊരു കന്യകയുടെ വിവാഹം നടക്കാൻ പാടില്ല എന്താ താങ്കൾക്ക് ഇക്കാര്യം അറിയില്ലേ അനാഥകളായി ജനിക്കുന്ന ഇത്തരം കന്യകമാർക്ക് വിവാഹം നിഷിദ്ധമാണെന്ന് അവരെ ഗണികകളായി കണക്കാക്കണമെന്നത് ഗണികകളാവാനാണ് അവരുടെ നിയോഗമെന്നത് അവൾ എന്റെ മകളാണ് ആമ്രപാലി എന്റെ പുത്രിയാണ് എന്റെ മകൾ ഗണികയാവുക എന്നത് എനിക്ക് സമ്മതമല്ല ഞാനതിനനുവദിക്കുകയില്ല ഒരിക്കലും അനുവദിക്കില്ല ഞാനും നിങ്ങളെപ്പോലെ ലക്ഷാവിക്കുല ജാതനാണ് നാൽപ്പത്തിരണ്ടു വർഷം വൈശാലിയുടെ സേനാനായകനായി ഈ രാജ്യത്തെ സേവിച്ചവൻ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയും സന്തോഷവും എന്റെ ഈ വാളുകൊണ്ടും ശരീരം കൊണ്ടും കാത്തു സൂക്ഷിച്ചവൻ വൈശാലിയുടെ ശത്രുക്കളെ ഉന്മൂലനാശം ചെയ്തവൻ അച്ചടക്കവും ആചാരവും വിശ്വാസവും കാത്തു സൂക്ഷിച്ചവൻ ഒടുവിൽ ഞാൻ വീണ്ടും പറയുന്നു ആമ്രപാലി എന്റെ മകളാണ് അവരുടെ വിവാഹം നടത്തേണ്ടത് എന്റെ കർത്തവ്യമാണ് അങ്ങയുടെ മകളോ അങ്ങവളുടെ അച്ഛനോ എങ്ങനെ എങ്ങനെ ആരാണവൾക്ക് ജന്മം നൽകിയത് അങ്ങാണോ പ്രകൃതി ഭൂമിയുടെ ഗർഭപാത്രത്തിലാണ് അവൾ രൂപം കൊണ്ടത് വികാരങ്ങൾക്കും അനാചാരങ്ങൾക്കും വേണ്ടി അവളെ ബലി കൊടുക്കാനാവില്ല ഞാൻ അതിനനുവദിക്കില്ല കുറെ നേരമായി കേൾക്കുന്നു താങ്കളുടെ പ്രസംഗം മഹാനാമാ ഈ രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്കായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ താങ്കൾക്കും ബാധകമാണ് ആ നിയമങ്ങൾ താങ്കളും ആമ്രബാര്യം അനുസരിച്ചേ മതിയാകൂ അവൾ ഗണികയാകണമെന്നാണ് നിയമം അനുശാസിക്കുന്നത് അതങ്ങനെ തന്നെ ആകണം ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ രാജ്യസഭയിൽ പങ്കെടുക്കുന്ന മാന്യമിത്രങ്ങളെയെല്ലാം ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മഹാരാജൻ സിംഹസ്വാമിയുടെ പുത്രി ചേലാദേവി എങ്ങനെ മഗധയിലെ മഹാരാജ ബിംബിസാരന്റെ വധുവായി അതിന് ഉത്തരമുണ്ടോ മഹാനാഭൻ താങ്കളുടെ ഈ വാദം തെറ്റാണ് എല്ലാവരെയും പോലെ താങ്കൾക്കും അറിയാം എന്റെ മകൾ ചേലയുടെ വിവാഹം നടന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് ഇവിടെ നിന്നും ബഹിഷ്കൃതനാക്കപ്പെട്ട എന്റെ ജ്യേഷ്ഠൻ ഗോപസ്വാമി മഗധയിലേക്ക് പോയി മഗധയിലെ രാജാവ് ബിംബിസാരന്റെ മന്ത്രിയായി പിന്നീട് രാത്രിയുടെ മറവിൽ എന്റെ മാളികയിൽ കടന്നുകയറി എന്റെ മകളെ അപഹരിച്ചു എന്നിട്ട് അവളെ ബംബിസാരനെ വിവാഹം കഴിപ്പിച്ചു പറയൂ മഹാനാമൻ ഞങ്ങൾക്ക് പറയാനുള്ളത് ശാന്തമായി ശ്രദ്ധിച്ചു കേൾക്കൂ വൈശാലിയിലെ മാത്രമല്ല ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലെ എല്ലാം കണക്കെടുത്താലും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ആമ്രപാലി ഒന്നാം സ്ഥാനത്താണ് എല്ലാ കലകളിലും അവൾ അതിനിപുണയാണ് സാക്ഷാൽ സരസ്വതി ദേവി പക്ഷെ അവളുടെ മാതാപിതാക്കൾ ആരെന്ന് ആർക്കും അറിയില്ല ഈ ഒരു പരിതസ്ഥിതിയിൽ നിയമം അനുശാസിക്കുന്നത് എന്താണ് അതെന്താണെന്ന് അങ്ങേക്കും അറിവുള്ളതാണല്ലോ വൈശാലിയിലെ ധനാഢ്യർ പ്രഭുക്കന്മാർ വീരന്മാരായ യുവാക്കൾ ഇവരെല്ലാം ആമ്രപാലിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയൊരു സൗന്ദര്യമൂർത്തിയെ വൈശാലിയിലെ എല്ലാ നഗരവാസികൾക്കും വേണ്ടി പ്രഭചൊരിയുന്ന ഒരു മണിദ്വീപം കണക്കെ നഗരവധുവായി സമൂഹഗണികയായി മാറ്റേണ്ടതാണ് അവളെ വിവാഹം ചെയ്തയക്കാൻ നിയമപ്രകാരം സാധ്യമല്ല ഇതന്യായമാണ് അധർമ്മമാണ് ആമ്രപാലി ഗണികയാവുക എന്നത് അവരുടെ അച്ഛനായ എനിക്ക് സമ്മതിക്കാനാവില്ല സുഹൃത്തെ മഹാനാമ താങ്കൾക്ക് വേണ്ടി നീതി നിയമങ്ങൾ പുതുതായി എഴുതി ചേർക്കാനാവില്ല തീരുമാനമെടുത്തു കഴിഞ്ഞു പരമ്പരകളായി തുടരുന്ന ആചാരം അനുസരിച്ച് അങ്ങയുടെ ദത്തുപുത്രി ആമർപാലി ഗണികയായി തന്നെ കഴിയണം ഇത് രാജ്യസഭയുടെ ഉറച്ച തീരുമാനമാണ് ഇനി താങ്കൾക്ക് ഈ സഭ വിട്ട് പുറത്തു പോകാം സിംഹസ്വാമി സഭാംഗങ്ങളെ ഇതന്യായമാണ് അധർമ്മമാണ് ശരി ഇതാണ് എല്ലാവരുടെയും തീരുമാനമെങ്കിൽ എന്റെ തീരുമാനവും കേട്ടുകൊള്ളും എന്നെ അതിന്റെ പേരിൽ ഈ നാട്ടിൽ നിന്ന് ബഹിഷ്കരിച്ചാലും വേണ്ടില്ല ഞാൻ അവരുടെ വിവാഹം നടത്തും അത് വൈശാലിയുടെ അതിരുകൾ കടന്ന് മറ്റൊരു ദേശത്ത് പോയിട്ടായാലും ശരി കാരണം ഹാമ്രപാലി എന്റെ പുത്രിയാണ് ഇത് നിയമലംഘനമാണ് പാരമ്പര്യത്തെ നിഷേധിക്കലാണ് നീതിന്യായ വ്യവസ്ഥയെ അവഹേളിക്കലാണ് ഇത് സമൂഹത്തിന് ആപത്താണ് സേനാധിപതി ഗോവിന്ദസ്വാമി അടിയൻ ആജ്ഞാപിച്ചാലും മഹാരാജൻ മഹാനാമന്റെ മേലൊരു കണ്ണു വേണം അടിയൻ അയാളെ ശ്രദ്ധിക്കാൻ ഒരു ചാരണ നിയോഗിക്കണം യാതൊരു കാരണവശാലും മഹാനാമനും ആമ്രപാലിയും നഗരം വിട്ടു പോകാൻ അനുവദിക്കരുത് ഓ മഹാരാജൻ ബഗഥയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ കച്ചവടത്തിനായി വരുന്ന വ്യാപാരികളെയും ശ്രദ്ധിക്കണം ഒരു വീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടാവരുത് ആജ്ഞകൾ അണുവിട തെറ്റാതെ പാലിക്കുമെന്ന് ഉറപ്പുതരുന്നു മഹാരാജൻ സ്വാമി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ നിരാഹാരം കിടക്കുന്നത് കഷ്ടമാണ് നോക്കൂ ആമ്രപ്പാലിയും എത്ര ദുഃഖിതയാണെന്ന് നോക്ക് എന്തൊരു സമൂഹമാണിത് എന്തു തരം മനുഷ്യർ വൈശാലിയിലിയും കഴിയുക എന്നത് എന്നെ വളരെ അപമാനകരമാണ് എന്റെ മകളെ മരകത്തിയിലേക്ക് തള്ളിവിടാനുള്ള ഇവരുടെ ശ്രമം വിജയിക്കുന്നതിനു നമുക്ക് ഈ നഗരം വിട്ട് ദൂരെ എങ്ങോട്ടെങ്കിലും പോണം അച്ഛാ അച്ഛൻ എന്തൊക്കെ അബദ്ധങ്ങളാണ് ഈ പറയുന്നത് വൈശാലിയിലെ ജനങ്ങൾ എന്നെ പോകാൻ അഥവാ നമ്മൾ പോവാൻ ശ്രമിച്ചാലും എങ്ങോട്ട് പോകും നമ്മൾ മകധയിലേക്ക് പോകും അവിടെ ഗോപമന്ത്രിയുണ്ട് ഗോപന്ന നമ്മുടെ സിംഹസ്വാമിയുടെ ജ്യേഷ്ഠ സഹോദരൻ അല്ലേ അനുജന്റെ മകളെ ബിംബിസാര മഹാരാജാവിന് വിവാഹം ചെയ്തു കൊടുക്കുക വഴി അദ്ദേഹം എന്നേക്കുമായി വൈശാലിയുടെ ശത്രുവായി മാറിയില്ലേ അച്ഛ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം അച്ഛൻ എനിക്ക് വിട്ടുതരൂ ആദ്യം അച്ഛൻ പോയി ഭക്ഷണം കഴിക്കൂ സ്വാമി ഈ ഭൃത്തിയുടെയും ആഗ്രഹം അത് തന്നെയാണ് മകൾ പറയുന്നതനുസരിക്കൂ എന്തെങ്കിലും ഒരു മാർഗം തെളിഞ്ഞുവരാതിരിക്കില്ല നമ്മൾ വലിയൊരു വിപത്തിലാണകപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കാനാവൂ എന്തെങ്കിലും മാർഗം കാട്ടിത്തരാനാവൂ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് എന്റെ കൂട്ടുകാരി വകുല ഇന്ന് എന്നോട് വന്ന് പറഞ്ഞു അച്ഛനെ നിരീക്ഷിക്കാൻ രാജാവ് ഒരു ചാരണം നിയോഗിച്ചിട്ടുണ്ടെന്ന് നഗരത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ വിലക്കൊണ്ട് മഖധയിൽ നിന്നുള്ള കച്ചവട സംഘത്തിൽപ്പെട്ട ആമാസ്വാമി വകുലയുടെ ഒരു ബന്ധുവാണ് അയാൾ നിന്നെയും അച്ഛനെയും ഈ നഗരത്തിൽ നിന്ന് പുറത്തു എന്തെങ്കിലും ഉപായം കണ്ടുപിടിക്കുമെന്നാണ് അവൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് അച്ഛൻ നിന്റെ വിവാഹം നടത്തുമെന്ന ഉറച്ചു തീരുമാനത്തിലാണ് അതിനാൽ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയും മകധയിലെത്തിച്ചേരണം മകധയിലെത്തിയാലും അച്ഛൻ്റെ ആഗ്രഹം നടക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഗോപന്ന പണ്ടിവിടെ ഉണ്ടായിരുന്ന പോലത്തെ കഥ വേറെയാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ബംബിസാര മഹാരാജാവിൻ്റെ മന്ത്രിയാണ് ഞങ്ങളോ സ്നേഹബന്ധങ്ങളുടെ കെട്ടുറപ്പൊക്കെ അതത് സമയത്തെ സാഹചര്യവും സ്ഥാനവലിപ്പവും അനുസരിച്ച് മാറിയെന്നിരിക്കും അവിടെ അച്ഛൻ അപമാനിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് താങ്ങാനാവില്ല രണ്ടുപേരെയും അതിർത്തി കടത്തുവിടാൻ തയ്യാറാണ് പക്ഷേ അച്ഛ പ്രശ്നം വകുലയെ വിശ്വസിക്കാമോ എന്നത് മാത്രമല്ല സൈനിക അങ്ങയെ പിടിച്ചാൽ വലിയ അപമാനമായിരിക്കും സഹിക്കേണ്ടി വരിക ഒന്നു തള്ളാനും മടിക്കില്ല ഇനി ഞാനിങ്ങാൻ അവരുടെ കയ്യിൽപ്പെട്ടാലോ എന്ത് സംഭവിക്കുമെന്നറിയില്ല എന്തായാലും സുഖമുള്ള കാര്യമല്ല ഈ കഷ്ടപ്പാടുകളെല്ലാം വെറുതെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് തിരിച്ചു പോകാം അച്ഛാൻ ഗണികയായി തന്നെ ജീവിച്ചുകൊള്ളാം പറയല്ല മകളെ ഇല്ല ഇല്ല ആമ്രപാലി ഗണികയാവാൻ ഞങ്ങൾ നിന്നെ വിട്ടുകൊടുക്കില്ല മറ്റു മാർഗങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു വരൂ നടക്കുരാ കണ്ടോ കണ്ടോ മഹാനാമനെ വീട്ടുതടകലിലാക്കിയതോടെ ആമ്രപാലിയുടെ അഹംഭാവം മറ്റേ കുറഞ്ഞത് എല്ലാവരും നിശബ്ദരായിരിക്കണം ഗോവിന്ദസ്വാമി അടിയൻ സഭാംഗങ്ങളെ ആമ്രപാലിയുടെ സന്ദേശം അറിയിക്കൂ മഹാരാജൻ മറ്റു വിശിഷ്ടാംഗങ്ങളെ ഈ വിശേഷ സന്ദേശം അറിയിക്കാൻ മഹാനാമൻ തന്റെ വീട്ടിൽ നിന്നും പുറത്തു വന്നില്ല അത്യപൂർവ്വ സുന്ദരിയായ ആമ്രപാലിയാകട്ടെ പുറത്തു സ്വയം തന്റെ തീരുമാനം അറിയിക്കുകയായിരുന്നു എന്തെന്നാൽ അതായത് ആമ്രബാലി സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ നഗരവധുവായിരിക്കാൻ സന്നദ്ധതയറിയിച്ചിരിക്കുന്നു ബാലേ സിംഹസ്വാമിയുടെ അജ്ഞിഖരിക്കാൻ <laughs> कुड़ कुड़ ം വൈശാലിയുടെ രാജ്യസഭ വിജയിക്കട്ടെ മറ്റൊന്നും പ്രശ്നമല്ല അവൾ ഗണികയാകാൻ തീരുമാനിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷപ്രദമായ കാര്യം പക്ഷേ അവൾ ചില ഉപാധികൾ കൂടി വെച്ചിട്ടുണ്ട് ഏ അവളോടൊപ്പം ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്കും അവിടെ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഓഹോ രണ്ടാമത്തേത് ആരെങ്കിലും അവളുടെ കൂടെ കഴിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഞ്ഞൂറ് കാർഷപ്പണം കാഴ്ചവെക്കണം മൂന്നാമത്തെ ഉപാധി ആ വ്യക്തി എത്ര ധനവാനായാലും പ്രമുഖനായാലും കൂടിയാൽ ഏഴുനാൾ മാത്രമേ അവളോടൊത്ത് കഴിയാൻ അനുമതി ലഭിക്കുകയുള്ളൂ കഠിനമായ നിബന്ധനകളാണ് എന്നാലും വേണ്ടില്ല അവൾ തീരുമാനിച്ചത് ഇതിലേതെങ്കിലും ഒന്നിന്റെയോ അല്ലെങ്കിൽ എല്ലാ ഉപാധികളുടെയോ ഉല്ലംഘനം നടക്കുന്നുവെങ്കിൽ അതും പറയുക രാജ്യസഭയുടെ നിയമങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ ആ വ്യക്തി മരണശിക്ഷക്കർഹനായിരിക്കും സമ്മതമാണ് ആമ്രവാരിയെപ്പോലൊരു മധുരക്കനിക്കു വേണ്ടി ജീവരക്തമൊഴുക്കാൻ പോലും ഇവിടുത്തെ യുവാക്കൾ തയ്യാറാകുമ്പോൾ അവളുടെ ഈ ഉപാധികളെല്ലാം അംഗീകരിക്കപ്പെടേണ്ടതാണ് എനിക്കും സമ്മതം എന്നാൽ ഈ പുതിയ കണികയുടെ വാർത്ത നഗരവാസികളെ മുഴുവൻ ചെണ്ട കൊട്ടി അറിയിക്കൂ ആമ്രപാലി നിന്നെ കാണാനായി മകധയിൽ നിന്ന് ആവേശത്തോടെ ഓടിയെത്തുന്ന വ്യാപാരികളുടെയും സഞ്ചാരികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണല്ലോ ആ ഒരു കേട്ടോ നീ എന്ത് വാർത്ത വൈശാലിയിൽ ശാലാവതി എന്ന് പേരുള്ള ഒരു ഗണികയുണ്ടത്രേ അവളുടെ പടിവാതിക്കൽ വലിയ ആൾക്കൂട്ടാണത്രേ ജനങ്ങൾ പറയുന്നത് അതിസുന്ദരിയാണെന്നാണ് നാന്നൂറ് കാഷപ്പണമാണത്രേ അവൾ ഒരു ദിവസത്തേക്ക് വസൂലാക്കുന്നത് എത്രീ അങ്ങനെ പറഞ്ഞത് അഞ്ഞൂറ് നാണയം തന്ന് എന്നെ ഒരു നാളത്തേക്ക് സ്വന്തമാക്കുന്നവരിൽ ഒരുത്തൻ പോലും എന്റെ മനസ്സിൽ കഹറിപ്പറ്റാൻ അർഹനല്ല എല്ലാവരും കാമാന്തത ബാധിച്ചവർ സ്ത്രീലമ്പടന്മാർ അത്തരക്കാർക്ക് സൗന്ദര്യം ആരാധിക്കുന്നത് പോയിട്ട് സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവ് പോലുമില്ല വിശേഷ ബുദ്ധിയില്ലാത്ത അവരുടെ കണ്ണുകളിൽ സ്ത്രീത്വത്തിന് സ്ഥാനമില്ല വൈശാലിയിലെ കഴുത്തറപ്പൻ നിയമത്തിന് പരിരക്ഷ നൽകാനാണ് ഞാൻ ഗണികയാവാൻ തയ്യാറായത് അതും എന്റെ അച്ഛനോടുള്ള സ്നേഹം കാരണം മാത്രം തരലക്കറിയാമല്ലോ ഞാൻ ദരിദ്ര അച്ഛൻ തന്ന സ്വത്ത് തന്നെ ധാരാളമുണ്ട് എന്റെ കയ്യിൽ ഈ സ്വത്തെല്ലാം ഞാൻ എന്തു ചെയ്യാനാണ് ഈ യൗവനം ഈ ബാഹ്യ സൗന്ദര്യം ഇതൊക്കെ എത്ര എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ ഉള്ളിലെ വികാരങ്ങളൊക്കെ നശിച്ചോ നിന്റെ ഹൃദയം ഇനി ആർക്കു വേണ്ടിയും തുറക്കില്ലേ ആ അങ്ങനെ ആരെങ്കിലും വരട്ടെ ആർക്കറിയാം പക്ഷെ ഒന്നുണ്ട് അങ്ങനെ എന്റെ മനസ്സിനെ കീഴടക്കുന്നവന് മാത്രമേ എന്റെ ശരീരത്തെ സ്പർശിക്കാനും സാധിക്കൂ പറയൂ ശ്യാമളി മകഥയിലെ ഏറ്റവും പ്രശസ്തനായ ചിത്രകാരം വന്നിട്ടുണ്ട് പേര് ബാദരി ദേവിയെ കാണാൻ ആഗ്രഹിക്കുന്നു കളരിൽ കാത്തിരിക്കുന്നുണ്ട് മകധയിലെ ഏറ്റവും പ്രശസ്തനായ ചിത്രകാരനോ ആ തരലാ ഈ വീട്ടിൽ ഇതിനകം എന്നെ കാണാനെത്തിയ എത്ര പുരുഷന്മാരുടെ ചിത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അറിയില്ല മകളെ ചുരുങ്ങിയത് ഒരു നൂറെങ്കിലും കാണും ആമ്രപാലി എത്ര ഇങ്ങനെ യുവാക്കളുടെ ചിത്രവും വരച്ചോണ്ടിരിക്കും ഇവരിൽ ഒരാളെങ്കിലും സ്വീകരിച്ചുകൂടെ ഈ ചിത്രങ്ങളിൽ നിന്നോ ആ വ്യക്തി ഗുണവാനും ആയിരിക്കണ്ടേ മനസ്സു നിറയെ ക്രൂരതയും അഹങ്കാരവും മാത്രമുള്ളവർ കുമിഞ്ഞുകൂടിയ സ്വത്തിന്റെ ഭാരം കൊണ്ട് നടുതളർന്നവർ ഇവരിലൊന്നും അത്തരം ഗുണങ്ങളില്ല തരള എന്റെ മനസ്സ് തുറക്കുന്നവൻ അവൻ ധീരനായിരിക്കണം നല്ല കലാകാരനായിരിക്കണം ഈ ചിത്രങ്ങളിൽ കാണുന്ന ആരും അത്തരം ഗുണങ്ങളുള്ളവരല്ല ചിലപ്പോൾ ചിന്തിക്കും ഞാൻ എന്തിനാ ഇവരുടെയൊക്കെ ചിത്രം വരപ്പിച്ച് സമയം കളയുന്നുണ്ട് ആ ചിത്രകാരം കാത്തിരിക്കുന്നു അതെ അതെ വരും പോയി നോക്കാം െ കാണുന്നു അതിനുള്ള എല്ലാ യോഗ്യതകളും ഉണ്ട് അങ്ങ് നാല് ദിവസം ഇവിടെ എന്റെ അതിഥിയായി താമസിച്ച് എന്റെ ആതിഥ്യ മര്യാദകൾ സ്വീകരിക്കണം അങ്ങനെ മഹാരാജ വിരനെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഓ എങ്കിൽ പറയൂ എങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി എന്താണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അദ്ദേഹം ഒരു മഹാനാണ് ധീരൻ സുമുഖൻ നല്ല പെരുമാറ്റം കലാസ്നേഹി അനേകം ഉത്തമ ചുരുക്കി പറഞ്ഞ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു ഉത്തമ വ്യക്തി എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ചിത്രമെങ്കിലും കാണണമെന്നുണ്ട് വെറുമൊരു രേഖാചിത്രമല്ല രൂപം ഭാവം വർണ്ണം എല്ലാം ഒത്തിണങ്ങിയ ഒരു ചിത്രം കണ്ണുകളിൽ നോക്കിയാൽ ഹൃദയത്തിലെ ഗൂഢമായ ചിന്തകൾ വരെ അറിയാനാകണം വേഷഭൂഷാദികളിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുലീനതയുടെയും സ്വഭാവ ഗുണത്തിന്റെയും ചിത്രം കിട്ടണം മനസ്സിലായാലും അങ്ങനെയൊരു ചിത്രം ബഹതിക്ക് വേണ്ടത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വ ഗുണങ്ങളെല്ലാം രേഖപ്പെടുത്തിയൊരു ചിത്രം അങ്ങനെ ഒരു ചിത്രം തന്നെ ഞാൻ വരയ്ക്കാം അതിനുള്ള സാധന സാമഗ്രികളും ചായങ്ങളും അതിനെ കുറിച്ചൊന്നും വേവലാതിപ്പെടേണ്ട ഭീമാ ഭീമാ എന്താ ഭീമ ഇത് ചിത്രകാരൻ നമ്മുടെ അതിഥി ഇന്ന് തൊട്ട് നീ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകണം ഇദ്ദേഹം എന്താവശ്യപ്പെട്ടാലും ഉടൻ എത്തിച്ചു കൊടുക്കണം അജ്ഞലെ ചിത്രം പൂർത്തിയാകുന്നതുവരെ ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിക്കില്ല ചിത്രം പൂർത്തിയായാൽ ഉടൻ എന്നെ വിവരം അറിയിക്കണം തീർച്ചയായും രാജാവ് വിജയിക്കുന്നില്ല വരൂ മന്ത്രി ഗോപന്ന ക്ഷമിക്കണം ഉടൻ വന്ന് അങ്ങയെ കാണണമെന്ന് സന്ദേശം കിട്ടി അരുളി ചെയ്താലും എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങരിക്കൂ രാജ്യകാര്യങ്ങൾക്ക് വേണ്ടിയല്ല യാചിക്കാനായിട്ടാണ് ഞാൻ അങ്ങയെ വിളിപ്പിച്ചത് അയ്യോ അങ്ങനെ പരിഹസിക്കുന്നു മകധയിലെ ഏറ്റവും ശക്തിമാനായ മഹാരാജാവ് ബിംബിസാരൻ യാചിക്കുകയോ അതും നിസ്സാരനായ എന്നോട് അതെ മന്ത്രി യാചിക്കുകയാണ് ഞാൻ യാചന വളരെ അടുത്തുള്ളവരോട് മാത്രമല്ലേ ചെയ്യാനാകൂ അങ്ങ് പറയുന്നതെല്ലാം വളരെ വിചിത്രമായി തോന്നുന്നു വിസ്തരിച്ചു പറഞ്ഞാലും മഹാരാജൻ അങ്ങ് എന്റെ മന്ത്രി എന്നതിനൊപ്പം എന്റെ സുഹൃത്തു കൂടിയാണ് മറന്നിട്ടില്ല ഏതാനും വർഷങ്ങൾക്കു മുമ്പ് മഹാറാണിയുടെ മരണശേഷം ഞാൻ വിരഹവേദന അനുഭവിച്ചു താങ്കൾ സ്വന്തം സഹോദരന്റെ പുത്രിയായ ചേലാദേവിയെ എനിക്ക് വിവാഹം ചെയ്തുതെന്ന് എന്നെ ഏകാന്ത ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞു പോയതിനെ കുറിച്ചെല്ലാം ഇപ്പോഴെന്തിനു പറയുന്നു അങ് ഇതും ഓർക്കുന്നുണ്ടാവുമല്ലോ ആ വിവാഹത്തിന് ഞാനെതിരായിരുന്നു കാരണം ജ്യോതിഷികൾ അന്ന് പ്രവചിച്ചിരുന്നു ചേലാദേവിയിൽ അങ്ങയ്ക്ക് പിറക്കുന്ന മകൻ പിതൃഘാതകനായിത്തീരുമെന്നും പക്ഷേ ജ്യോതിഷികളുടെ പ്രവചനങ്ങളൊന്നും അങ്ങ് വിശ്വാസത്തിലെടുത്തില്ല എല്ലാം എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ അന്ന് ഇതും പറഞ്ഞിരുന്നു ഞാൻ എന്റെ മകനെ മകധയിലെ രാജാവായി വാഴിക്കുമെന്ന് പിന്നെ എങ്ങനെയവൻ പിതൃഘാതകനാവും രാജകുമാരനായ അജാത ശത്രു ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ മകധ അജാത ശത്രു രാജകുമാരൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് മഹാരാജൻ നടക്കാൻ പാടില്ലാത്തത് എന്താണ് പ്രശ്നം മഹാരാജ് പ്രശ്നം ചേലാദേവിയെ സംബന്ധിച്ചുള്ളതോ രാജകുമാരനായ അജാത അല്ല പ്രശ്നം വൈശാലിയാണ് വൈശാലി അതെ എന്റെ പ്രശ്നം ഇപ്പോൾ ആമ്രപാലിയാണ് വൈശാലിയിലെ ആ ഗണിക തന്നെ അതീവ സുന്ദരിയായ ഗണിക ആന്ദ്രപാലയിൽ മഹാരാജാവേ അങ്ങ് അവളെ കാണാൻ മനസ്സ് വെമ്പുന്നു ഹൃദയം തുടിക്കുന്നു കേട്ടിട്ടുണ്ട് നല്ലൊരു വ്യക്തിത്വത്തിനുടമയാണ് അവളെന്ന് വലിയ വലിയ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും അവളെയൊന്നു സ്പർശിക്കാൻ പോലും സാധ്യമായിട്ടില്ലെന്ന് അമൂല്യങ്ങളായ നിരവധി സമ്മാനങ്ങളുമായി അവളുടെ പടിവാതിൽക്കലെത്തിയ പലർക്കും അവളെ ഒരു നോക്ക് കണ്ട് തൃപ്തിയടയാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്ന് കേവലം ഒരു ഗണികയ്ക്ക് ഇത്രയും ബഹുമാനമോ അംഗീകാരമോ ഇത്രയും പ്രശസ്തിയോ പൈശാലി താങ്കളുടെ നഗരമാണ് അവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളെല്ലാം താങ്കൾക്ക് അറിവുള്ളതാണ് ഞാൻ അങ്ങയോട് ഒരു ഭിക്ഷ യാചിക്കുകയാണ് ആമ്രവാലി എന്ന ഭിക്ഷ താങ്കളുടെ അതീവ ഈ ആഗ്രഹം എന്നെ അറിയിച്ചതിന് നന്ദി ദേവിജയ് എന്നോട് ിക്കുന്നു എന്ന പദം ഉപയോഗിക്കരുതേ പക്ഷേ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ ആമ്രപാലിയുടെ സാമീപ്യം അങ്ങക്ക് ചേർന്നതല്ല അങ്ങക്കത് ഗുണകരമാവില്ല കാരണം കാരണം അവൾ ഒരു ഗണികയാണെന്നത് തന്നെ അങ്ങോ ഒരു ചക്രവർത്തി മഗധയിലെ രാജാവ് ഗണികയായിത്തീരണമെന്നത് അവൾക്ക് വിധിക്കപ്പെട്ടതാണ് താങ്കൾ രാജാവാകണമെന്നത് നിയോഗമാണ് ദൈവകൽപ്പിതം പ്രണയത്തിന്റെ ഭൂമികയിൽ രണ്ടു പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു അവൾ ഒരു ജനസമൂഹത്തിന്റെ ഉല്ലാസവും സുഖഭോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താങ്കളോ സമൂഹത്തോടുള്ള കർത്തവ്യം ചുമതല എന്നിവയുമായി ബന്ധപ്പെട്ടു ഓ മന്ത്രി ഇപ്പോൾ ഞാനൊരു പ്രണയയാചകനാണ് ഞാൻ എന്റെ സ്നേഹിതനോട് സഹായത്തിനായി യാചിക്കുകയാണ് മഹാരാജൻ ഒന്നാമത്തെ കാര്യം താങ്കൾ വൈശാലി നഗരത്തിൽ പ്രവേശിക്കുക എന്നത് അപകടം ക്ഷണിച്ചു വരുത്തലാണ് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തത് അവളെങ്ങോട്ട് കൊണ്ടുവരികയെന്നതോ അതിലേറെ പ്രയാസപ്പെട്ട കാര്യം ഒന്നാമത്തെ തടസ്സം പറഞ്ഞു കഴിഞ്ഞു ആമ്രമാലി ചന്ദനപരത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന സർപ്പമാണ് അവളുടെ തീക്ഷണ സൗന്ദര്യം എന്നത് സർപ്പസൗന്ദര്യമാണ് അവളുടെ കലാവിരുത് വെറും മാത്രം ഇന്നേ ഒരു പുരുഷനും ആമ്രമാലിയുടെ സൗന്ദര്യം ഓർന്നിട്ടില്ല അവളുടെ ആ സൗന്ദര്യം അപ്രാപ്യമാണ് ആർക്കും അതുകൊണ്ട് തന്നെയാണ് അവളെക്കുറിച്ച് കേട്ടത് മുതൽ ഞാൻ അവളുടെ ആകർഷണ വലയത്തിൽ പെട്ടുപോയത് അവളെ ഒന്ന് കാണാൻ ഞാൻ എടുക്കപ്പെടുന്നത് പക്ഷെ മഹാരാജൻ ഒന്നും പറയണ്ട നമ്മൾ വൈശാലിയിലേക്ക് പുറപ്പെടുകയാണ് താങ്കൾ രഹസ്യ വഴികൾ ചിന്തിക്കും വേണ്ട ഏർപ്പാടുകൾ ചെയ്യും സ്വായത്തമാക്കുക എന്നത് അത്ര മഹാകാര്യമൊന്നുമല്ല എന്റെ മനസ്സു പറയുന്നു അവളുടെ സാമീപ്യം അങ്ങനും ഗുണകരമാവില്ലെന്ന് ഗോപമന്ത്രി എന്റെ മനസ്സ് ശുദ്ധമാണ് കൂടാതെ ബുദ്ധ ഭഗവാന്റെ എനിക്കുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല ആമ്രബാലിയെ കാണാൻ മനസ്സിങ്ങനെ തത്രപ്പെടുന്നത് ദൈവനിശ്ചയമായിരിക്കും ായ അങ്ങിപ്പോ കേവലം ഒരു ഗണികയെ കാണാൻ വെമ്പൽ കൊള്ളുന്നു അത് ശരിയായ കാര്യമല്ല ശരിയായ കാര്യം ഗണികയായ ആമ്രപാലി മഹാരാജാവായ അങ്ങയെ കാണാൻ അനുമതിക്കായി കേണപേക്ഷിക്കുക എന്നതാണ് എന്നിട്ട് അങ്ങ് അവളുടെ അപേക്ഷ സ്വീകരിച്ച് അവൾക്ക് ദർശനം നൽകുക എന്നതാണ് ഈ ചട്ടങ്ങളും ആചാരങ്ങളും രീതികളും പാരമ്പര്യവുമെല്ലാം മനുഷ്യരുടെ വ്യവഹാരങ്ങളുടെ സൗകര്യത്തിനായി നിർമ്മിക്കപ്പെട്ടതാണ് കലകളും സൗന്ദര്യവും പ്രണയവും എല്ലാമുള്ള ലോകം മറ്റൊരു ലോകമാണ് താങ്കളിനി എന്നെ ഇക്കാര്യത്തിൽ ഉപദേശിക്കാനും നിഷേധങ്ങൾ നിരത്താനും മെനക്കെടണമെന്നില്ല അതായത് അങ്ങ് പറയുന്നതിനോടെല്ലാം യോജിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും എന്റെ മുമ്പിൽ മന്ത്രി പേടിക്കേണ്ട നമ്മൾ വേഷം മാറി രഹസ്യമായി വൈശാലി നഗരത്തിൽ പ്രവേശിക്കും താങ്കൾ സമയവും സാഹചര്യവും കണ്ടുപിടിച്ച് വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ ശരി മഹാരാജൻ വാതിലട ചൊന്നിങ്ങോട്ട് വാ നോക്ക് ഈ ചിത്രം കണ്ടോ മകധയിലെ ചിത്രകാരൻ ബാദരി കഴിവുറ്റൊരു തന്നെ മഹാരാജ ബിംബിസാറിന്റെ ചിത്രം എത്ര മനോഹരമായിട്ടാണ് രചിച്ചിരിക്കുന്നത് ആണോ ആ കണ്ണുകളിലെ പ്രകാശം കണ്ടോ ആ മുഖത്തെ തേജസ് കണ്ടോ ുംന്തരിക മനസ് ഭാവും പിറിയെടുക്കൂ ഈ ചിത്രത്തിൽ എങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മഹാരാജ ബിംബിസാരൻ ഈ ചിത്രത്തിൽ നിന്ന് ജീവനോടെ ഇറങ്ങി വരുമെന്ന് എന്നിട്ട് എന്നിട്ട് എന്നെ ഇങ്ങനെ മുറേ ആനന്ദനം ചെയ്ത് എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരു ചിത്രം കണ്ട് ഇങ്ങനെയൊക്കെ തോന്നാൻ അമരപാലി കൊറേ വർഷങ്ങളായി ഞാൻ നിന്റെ സന്തത സഹചാരിയാണ് ഒരു പുരുഷനെ ഓർത്ത് ഇത്രയും ആവേശം ഇത്രയും ഏവലാതി ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് മനോവികാരങ്ങളെയെല്ലാം അതിസമർത്ഥമായി ഒളിപ്പിച്ചു വെക്കാൻ കഴിവുള്ള മനസ്സ് ഇന്ന് ഒഴുക്കുള്ള നദി പോലെ തടസ്സങ്ങളും കെട്ടുപാടുകളും പൊട്ടിച്ച് ശക്തമായി ഒഴുകുന്ന കാഴ്ച ഇത്ര മനോഹരമാണെങ്കിൽ ബിംബിസാരന്റെ രൂപം എത്ര സുന്ദരമായിരിക്കും ആകർഷകമായിരിക്കും ആകാശത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പിടിച്ച് കിടപ്പമുറയുടെ ചുമരിൽ കെട്ടിത്തൂക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് എന്തു കാര്യം എത്ര ശമിച്ചാലും സാധിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി എന്തി അപ്രാപ്യമെന്ന് കരുതുന്നത് പ്രാപ്യമാക്കുകയാണ് പരിശ്രമം കൊണ്ട് സാധിക്കുന്നത് അതാണ് പ്രത്യാശയെന്ന് പറയുന്നത് മറവിയും ഒരനുഗ്രഹമാണ് ഇപ്പോഴെന്റെ മനസ്സിൽ മറ്റൊന്നുമില്ല വൈശാലിയിലെ ജനങ്ങൾ മഹാരാജാവ് രാജകൊട്ടാരം ഇവിടുത്തെ നിയമങ്ങൾ ഒന്നും ഓർമ്മയിലില്ല എവിടത്തെ രാജാവ് ആരുടെ കൊട്ടാരം രാജ്യസഭ എന്റെ മുഖത്ത് നോക്കിയാൽ എന്റെ ഹൃദയഭാഷ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ എന്തെങ്കിലും പറയു തരലാ ഓർമ്മയില്ലേ അന്നൊരിക്കൽ അച്ഛൻ ഗോപമന്ത്രിയെ കണ്ട് എന്റെ വിവാഹകാര്യം ചർച്ച ചെയ്യാൻ പോയത് എന്നാൽ ഇന്നിപ്പോ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനെ അയക്കാമായിരുന്നു ഗോപമന്ത്രിയുമായി സംസാരിച്ച് ചെയ്യാൻ മഹാരാജ ബെംബിസാരനെ ഒന്ന് നേരിൽ കാണാൻ കണ്ട് സംതൃപ്തി അടയാൻ അതിനി ഒരിക്കലും നടക്കില്ല അമ്രപാലി സ്വാമി ഇനി തിരിച്ചു വരില്ല നടന്ന സംഭവങ്ങളിൽ ഹൃദയം തകർന്ന് നിന്റെ സങ്കടകരമായ അവസ്ഥ കണ്ടു നിൽക്കാനാകാതെയാണ് അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടത് ഇനിയിപ്പോ എന്തു ചെയ്യും ചില സാധ്യതകളുണ്ട് നിന്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇവിടം സന്ദർശിച്ച ഏതെങ്കിലും വ്യാപാരികൾ അത് മഹാരാജാവിന്റെ ചെവിയിലെത്തിച്ചിരിക്കാം അല്ലെങ്കിൽ ചിത്രകാരനായ ബാദരി രാജാവിനെ കണ്ട് നിന്നെ പ്രകീർത്തിച്ചു സംസാരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിലും ഇത്തരം വാർത്തകൾ പട്ടം പോലെയാണ് അത് പൊങ്ങിപ്പറന്ന് ദൂര സ്ഥലങ്ങളിലെത്താതിരിക്കില്ല ഇത്രയും കാലം നിന്റെ മനസ്സിനെ ഒരു മോഹവും ബന്ധിച്ചിട്ടില്ല ഇന്നിപ്പോൾ ആദ്യമായി അത് സംഭവിച്ചിരിക്കുന്നു എന്റെ സംശയം ഇതാണ് എത്ര നാൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ് നിന്റെ തീരുമാനം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന രൂപം എന്റെ കണ്ണുകളിൽ നേരിട്ട് നിറയുന്നതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് Thank you. ശരി ൾ തുറന്നു അർദ്ധരാത്രിയായി കൂരാ കുരിട്ട് വഴിവിളക്കുകളൊക്കെ ക്ഷീണിച്ച് കഞ്ചുമാൻ തുടങ്ങി ഇനി ഒരു കള്ളനും വരുമെന്ന് തോന്നുന്നില്ല ആമ്രപാലിയുടെ വീട്ടിൽ കള്ളൻ കയറാനോ അതൊരിക്കലുമില്ല കള്ളൻ കയറിയില്ലെന്ന് വരാം പക്ഷെ കയറുന്നതൊരു മാനിനാണെങ്കിലോ ഇത്രയും കാലത്തിനിടയ്ക്ക് ആർക്കെങ്കിലും എല്ലാവർക്കും എത്തിപ്പിടിക്കാവുന്ന തലത്തിലല്ല നമ്മുടെ യജമാനത്തിൽ ശരി ശരി ഉറങ്ങാതെ നോക്കിയിരിക്കെ മറ്റുള്ളവർ ഉറങ്ങുന്നുണ്ടോ എന്നും നോക്കണം ആ വീട്ടിൽ പോയി ഒന്ന് കണ്ണടയ്ക്കട്ടെ ഓ ആയിക്കോട്ടെ മഹാനാമൻ സ്വാമിക്ക് ഞാൻ വാക്ക് കൊടുത്തതാ ആമ്രപാലിയുടെ രക്ഷക്കായി കാവൽ നിൽക്കാവ ഉച്ച എന്താ എന്താ സ്വാമി നടക്കും യജമാനിയെ ക്ഷിക്കണം മഹാരാജാവിന്റെ കൽപ്പനയായിരുന്നു ഇങ്ങനെയൊരു സാഹസത്തിന് കാരണം വൈശാലിയിലെ ചുമരുകൾക്ക് പോലും ചെവികളുണ്ടെന്നറിയാം അതാണ് രഹസ്യമായി വേഷം മാറിയെത്തിയത് കൂടുതൽ സംസാരിച്ചു നിൽക്കാൻ സമയമില്ല ആമ്രപാലി ഇനി വരുന്ന ഏഴുനാൾ മഹാരാജാവ് നിന്റെ അതിഥിയായി ഇവിടെ താമസിക്കും ഇദ്ദേഹത്തെ വൈശാലിയിലെ ചാരക്കണ്ണുകളിൽ നിന്ന് രക്ഷിച്ചു നിർത്തേണ്ടതോ നിന്റെ ഉത്തരവാദിത്വമാണ് തീർച്ചയായും അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട ഒരു കോട്ടയേക്കാൾ സുരക്ഷിതമാണ് ഈ ഭവനം മഹാരാജാവിന്റെ സുരക്ഷിതത്വം ഞങ്ങളുടെ ചുമതലയാണ് ഭീമ ശ്യാമളി ഗോവിന്ദ് തുടങ്ങി എന്തിനും പോന്ന സേവകരുള്ളപ്പോൾ ഒരു കൊച്ചുപക്ഷിക്ക് പോലും ഇവിടെ കടന്നു കയറാനാവില്ല ഓഹോ മന്ത്രിജി അങ്ങ് ചിരിച്ചതിന്റെ അർത്ഥം മനസ്സിലായി പക്ഷേ ഇന്നത്തെ പോലെ ആവില്ല നാളെ അത് ഞാൻ ഉറപ്പുതരുന്നു മഹാരാജ് അങ്ങയുടെ ദർശന മാത്രയിൽ തന്നെ തെളിച്ചു മറിഞ്ഞിരുന്ന എന്റെ ഹൃദയം ശാന്തമായിരിക്കുന്നു ഈശ്വരൻ തന്ന വരദാരമാണ് എനിക്ക് ഈ നിമിഷം അങ്ങ് വിശ്രമിക്കൂ ഭീമാ ഭീമാ ഓ ഞാനിവിടെ ഉണ്ട് മഹാരാജ ബിംബിസാരൻ നമുക്ക് വളരെ വിശേഷപ്പെട്ട സ്വകാര്യ അതിഥിയാണ് അദ്ദേഹത്തിന്റെ പരിചരണത്തിൽ യാതൊരു വീഴ്ചയും സംഭവിക്കാൻ പാടില്ല കൽപ്പന പോലെ ജീവൻ കൊടുക്കാനും ഭീമ തയ്യാർ വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും വേണം ഭ്രാന്തമായ പ്രേമാവേശം മറവിയിലേക്കും മറവി സങ്കടങ്ങളിലേക്കും നയിച്ചു നിരിക്കും അതിഥി മകധയിലെ മഹാരാജാവാണെന്ന കാര്യം മറന്നുപോകരുത് മഹാരാജൻ മന്ത്രി എന്ന നിലയ്ക്കല്ല ഒരു സുഹൃത്തിന്റെ അപേക്ഷയാണ് എന്റെ മഹാരാജാവിനെ പ്രേമാതുരനായി കാണുന്നത് ഞാൻ സഹിക്കും പക്ഷേ അതിന്റെ പേരിൽ തടവുകാരനാക്കപ്പെടുന്നതോ മരണത്തിന്റെ വായിൽ അകപ്പെടുന്നതോ കാണാൻ എനിക്കാവില്ല അത് ഓർമ്മ വേണം ഇന്ന് സൂര്യാസ്തമയ ഞാൻ ഈ നഗരം വിട്ടുപോകും ഒരു ദിവസം കൂടി വിശ്രമിച്ചിട്ട് പോയാൽ പോരേ മന്ത്രി എപ്പോഴായാലും പോണ്ടേ അങ്ങയ്ക്ക് പ്രശ്നവേഷത്തിൽ ഇവിടെ കഴിയാം എനിക്കത് പറ്റില്ല ഈ വൈശാലി എന്റെ ജന്മനാടാണ് എന്നെ തിരിച്ചറിയാൻ ആർക്കും അധിക സമയമൊന്നും വേണ്ട ഞാൻ എത്രയും പെട്ടെന്ന് പോകുന്നതാണ് അങ്ങക്കും നല്ലത് എങ്കിൽ വേഗം അങ്ങയുടെ ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം തരളാ തരളാ ഇതാ വരുന്നു മന്ത്രി ഈ ഭവനത്തിൽ എന്തൊരു സ്വസ്ഥതയും സന്തോഷവുമാണ് എന്തൊരു ശാന്തിയാണിവിടെ നോക്കൂ അപ്പുറത്ത് പാറാവുകാരെ പോലെ നിവർന്നു നിൽക്കുന്ന വൻമരങ്ങൾ അവിടെ അപ്സരസുകളുടെ പ്രതിമകൾ വിടർന്നു ചിരിക്കുന്ന പൂക്കളിൽ എങ്ങും ആമ്രപാലിയുടെ മുഖകമലം പോലെ ധാരാളം ചിത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ച ചുമരുകൾ എത്ര നല്ല കാഴ്ചകൾ ഈ ചിത്രങ്ങളിലെല്ലാമുള്ളവർ ആരെല്ലാമാണ് മഹാരാജൻ ആമ്രപാലി ഒരു ഗണികയാണ് ഈ പുരുഷന്മാരുടെ ഒക്കെ ചിത്രങ്ങൾ സ്വരൂപിച്ചു വെക്കുന്നത് അവളുടെ ആചാരമായിരിക്കാം ഇത് ഇതെന്റെ ചിത്രമാണല്ലോ ഞാൻ അവളുടെ കണ്ണുകളിൽ കണ്ടത് ആത്മീയ ഭാവമാണ് ഇത് ഒരുപക്ഷെ അവളുടെ ഉപജീവന ആഹാ മനോഹരമായിരിക്കുന്നു എന്റെ ഈ ചിത്രം അവൾ ഏറ്റവും നല്ല സ്ഥാനത്ത് തന്നെ അങ്ങേ ചിത്രത്തിന്റെ അടുത്തു വന്ന് നിന്ന് വീണ്ടും ഒന്ന് ശ്രദ്ധിക്കൂക്കൂത്രമല്ല കണ്ണാടിയിൽ അങ്ങയുടെ പ്രതിബിംബം കാണുന്നത് പോലെ തന്നെ തോന്നുന്നില്ല ഇതാണ് ചിത്രകാരന്റെ പ്രതിഭ അങ്ങേ നന്നായി അറിയാവുന്ന ആരോ ആയിരിക്കണം ആ ചിത്രകാരൻ അങ്ങനെയാവാം പക്ഷേ എനിക്ക് സന്തോഷം തരുന്ന കാര്യം ആമ്രപാരിയുടെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്നതാണ് സന്തോഷത്തോടൊപ്പം അത്ഭുതവും തോന്നും മഹാരാജ് പ്രണയരസത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ് അങ്ങിപ്പോ അങ്ങയുടെ വികാര വിചാരങ്ങൾക്കുമേൽ മനസ്സിന് യാതൊരു നിയന്ത്രണവുമില്ല പ്രേമിക്കുന്നതിനേക്കാൾ മഹത്തരമാണ് പ്രേമിക്കപ്പെടുകയെന്നത് അങ്ങയുടെ കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല അങ്ങയുടെ സ്ഥിതി ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്ക് ചില കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റേണ്ടതുണ്ട് അങ്ങ് വളരെ ജാഗ്രതയോടെയിരിക്കണം എന്റെ ഒരു അപേക്ഷയാണ് എല്ലായ്പ്പോഴും ഒരു കഠാരി കയ്യിൽ കരുതണം ശത്രു അങ്ങിപ്പോ അത് മറക്കരുത് ആ ചിന്ത മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം വൈശാലിയിലെ സൈനികരും ചാരന്മാരും വളരെ സമർത്ഥരാണ് ഞാൻ എന്റെ അനുഭവം വെച്ച് പറയുകയാണ് ഈ വീടിന് പുറത്തേക്ക് കാലെടുത്ത് വെക്കരുത് ഇവിടെ ഈ ഗണികയോടൊത്ത് ഏഴുനാൾ മാത്രമേ കഴിയാൻ അനുവാദമുള്ളൂ ഏഴാമത്തെ ദിവസം ഞാൻ എത്തും അങ്ങയെ തിരിച്ചു കൊണ്ടുപോകാൻ വളരെ ജാഗ്രത വേണം എന്താ അങ്ങ് ആമ്രപാലിയെ അന്ധനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല മഹാരാജൻ അങ്ങ് ചിന്തിക്കേണ്ട വിഷയമാണിത് മഹാരാജ് ഒരിക്കലും ഞാൻ കരുതിയതല്ല എന്റെ ആശകൾ ഇത്ര വേഗം പോവണിയുമെന്ന് ദാഹം മാറ്റാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് വലിയൊരു കിണർ നിന്റെ സൗന്ദര്യത്തെയും കലാപാഠവത്തെയും കുറിച്ച് മാത്രമേ മുമ്പ് കേട്ടിരുന്നുള്ളൂ ഇപ്പോൾ നിന്റെ മനസ്സിനുള്ളിലെ ഗൂഢമായ കോമളവികാരങ്ങളറിഞ്ഞു സ്ത്രീകളുമായി എനിക്ക് മുമ്പും സമ്പർക്കമുണ്ടായിട്ടുണ്ട് പക്ഷേ ദേഹ സൗന്ദര്യത്തെക്കാൾ ഹൃദയത്തിനകത്തുള്ള അനുരാഗമാണ് സുന്ദരം നിന്റെ കണ്ണുകളിൽ ആ ഹൃദയം പ്രതിബിംബിക്കുന്നുണ്ട് അനുരാഗം വഴിഞ്ഞൊഴുകുന്ന കണ്ണുകൾ മഹാരാജ് ഞാൻ കണ്ട എല്ലാ പുരുഷന്മാരും എന്നോട് പ്രേമാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് പ്രേമം കുത്തി അവരുടെ കവിതകൾ ഞാൻ കേട്ടിട്ടുമുണ്ട് പക്ഷേ അതെല്ലാം വെറും അക്ഷരങ്ങളും വാക്കുകളുമായിരുന്നു അതിന് ജീവനില്ലായിരുന്നു പ്രേമെന്ന വികാരമില്ലായിരുന്നു അത് സ്വയം പൊട്ടിമുളയ്ക്കുന്നതാണ് പാകി മുളപ്പിച്ചെടുക്കേണ്ടതല്ല ഒരു ഗണികയുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ചിലരുടെ സ്വാർത്ഥത മൂലം ഇതെന്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു എങ്കിലും മനസ്സിൽ എപ്പോഴും സമ്പൂർണരായ ഒരു സ്വപ്ന കാമുകനെ പ്രതീക്ഷയുണ്ടായിരുന്നു ചിത്രകാരന്മാർ വരുന്നു വരയ്ക്കുന്നു പക്ഷേ എന്റെ പ്രതീക്ഷകൾ സഫലമായില്ല എന്നാൽ അങ്ങയുടെ ചിത്രം തയ്യാറായി കഴിഞ്ഞപ്പോൾ എനിക്കുറപ്പായി ഞാൻ ലക്ഷ്യസ്ഥാനത്തെത്തിയെന്ന് സുഗന്ധം ഞാൻ ധന്യായി പ്രഭോ സാധാരണയായി പുരുഷന്മാർ കരുതുന്നത് സ്ത്രീകളെല്ലാം വഞ്ചകളാണെന്നാണ് അവരുടെ ശരീരം ഒരാളിന്റെ ഒപ്പമാണെങ്കിൽ മനസ്സ് മറ്റൊരാളിനൊപ്പം ആർക്കും അവൾ പൂർണ്ണമായും സമർപ്പിക്കുന്നേയില്ല എന്നെക്കുറിച്ചും അത് തന്നെയാവും ധാരണ ശരിയാണ് ഞാനൊരു ഗണികയാണ് പ്രശസ്തയാണെങ്കിലും അഭശകുനം ദുർവൃത്തം എന്നെ സമീപിക്കുന്നവർക്ക് എന്നോട് ആവേശം കാണിക്കുന്നവർക്ക് അവർക്കെല്ലാം വേണ്ടത് എന്റെ ശരീരം മാത്രമാണ് ുമാണ് സ്പർശിച്ചത് ഇതിനപ്പുറം എനിക്ക് മറ്റെന്താണ് വേണ്ടത് മഹാരാജൻ പൂർണിമയല്ലേ നിലാവുള്ള രാത്രി ഇളങ്കാറ്റടിക്കുന്നുണ്ട് അനന്ത വിഹായത്തിൽ തിളങ്ങി സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഇന്നേ ഒരു സ്ത്രീയുടെ സാമീപ്യത്തിലും എനിക്കിത്രയും സുഖാനുഭൂതി ഉണ്ടായിട്ടില്ല എങ്ങനെ അതിനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല ഇവയെല്ലാം ഭൗതികമായ സുഖങ്ങൾ മാത്രം അതിനെല്ലാം അപ്പുറം ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക വികാരം രൂപം കൊള്ളുന്നു അതിന് ഈ പാൽ നിലവിന്റെ ശാന്തിയും കുളിർമയുമുണ്ട് എന്റെ മനസ്സിന്റെ വികാരങ്ങളെ കാമരകളെ ശാന്തമാക്കുന്ന നിറുനിലാവുക ഈ വികാരത്തെയാണ് പ്രേമെന്ന് വിളിക്കുന്നത് ഞാൻ എന്തൊക്കെയോ പുറമൊന്നല്ലേ നാളെ ദിവസം എന്ന കാലാവധി അവസാനിക്കുകയാണ് നീ തയ്യാറാക്കിയ നിയമപ്രകാരം നിന്നോട് കഴിയാനുള്ള അവസാന ദിവസം ആ നിയമം അത് എന്റെ ശരീരം വാങ്ങാൻ എത്തുന്നവർക്ക് മാത്രമുള്ളതാണ് ഒരിക്കലും അത് താങ്കൾക്ക് ബാധകമാവില്ല മന്ത്രിക്ക് കോപം വരും ഈ സ്ഥിതി അതെ നെഞ്ചിൽ കുത്തിയിറക്കിയ ശേഷം അങ്ങേക്ക് പോകാം നിന്നെ വേഷം മാറ്റി രഹസ്യമായി ഞാൻ കൊണ്ടുപോകും അപ്പൊ പിന്നെ ഈ ഏകാന്തത എല്ല രാജ്യകാര്യങ്ങളുടെ ദൂഷിത വലയത്തിൽപ്പെട്ട് അസ്തമിച്ചു പോകും അങ് ഇതേപോലെ ഇനിയും കുറച്ചു കാലം എന്നോടൊത്ത് കഴിയൂ ഒരു രണ്ടു മാസമെങ്കിലും എങ്കിൽ എന്റെ ബാക്കിയുള്ള ജീവിതം ഈ ഓർമ്മകളെ തഴുകി താലോലിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞുകൊള്ളാം അങ്ങ് നാളെ പോകരുത് ദയമുണ്ടാകണം മഹാരാജൻ ഇതാണോ താങ്കളുടെ സുരക്ഷാ വ്യവസ്ഥ ഇതാണോ താങ്കളുടെ രഹസ്യചാരന്മാരുടെ മികവ് എന്താ താങ്കൾ അറിഞ്ഞില്ലേ സമ്രബാലിയുടെ ഭവനത്തിൽ വിദേശി താമസമുണ്ടെന്ന് പറഞ്ഞു മഹാരാജൻ പക്ഷെ എനിക്ക് എനിക്ക് രഹസ്യ സന്ദേശത്തിൽ വിശ്വാസം വരുന്നില്ല വൈശാലിയുടെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് അങ്ങേക്കറിയാമല്ലോ നഗരകവാടത്തിൽ തൂക്കിയിട്ട മണി ചെയ്ത് ഒരാൾക്കും അകത്ത് പ്രവേശിക്കാൻ കഴിയില്ല ആയുധങ്ങൾ അണിഞ്ഞ യോദ്ധാക്കൾ പകലും രാത്രിയും നഗരത്തിന് കാവൽ നിൽക്കുന്നുമുണ്ട് എന്നിട്ടും മഹാനാമൻ ഈ നഗരം വിട്ടുപോയില്ലേ അത് മഹാരാജൻ ആ കഴിഞ്ഞത് കഴിഞ്ഞു ആമ്രപാലിയുടെ വീടിനു ചുറ്റും സമർത്ഥരായ രഹസ്യചാരന്മാരെ ഉടൻ നിയോഗിക്കണം അടിയൻ അവൾ ഗണികയാണ് സ്വതന്ത്രയാണ് വൈശാലിയിലെ നിയമപ്രകാരം നമുക്കവളുടെ വീട്ടിൽ കയറി പരിശോധിക്കാനാവില്ല അവിടെ വന്ന വിദേശിയെ മറ്റു മാർഗങ്ങളിൽ കൂടി ഉപായത്തിൽ ഇനിയും ഇത്തരം വീഴ്ചകൾ ഇല്ല മഹാരാജൻ ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഗൗരവതരമായ കാര്യമാണ് അങ്ങ് വേവരാതിപ്പെടേണ്ട വൈശാലിയിലേക്ക് പുറത്തുനിന്ന് വരുന്ന യാത്രികരുടെ വരവും പോക്കും നിർബാധം തുടരുന്നുണ്ട് അതിൽ മഗധയിൽ നിന്നുള്ള യാത്രികരും ധാരാളമുണ്ട് ഞാൻ പരിശോധിക്കാം വരുന്നവർ ആരൊക്കെ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഇക്കൂട്ടത്തിൽ തടവിലാക്കപ്പെട്ട ചിലരുണ്ട് ഗൂഢാലോചനക്കാരുണ്ട് അവരെയൊന്ന് കൈകാര്യം ചെയ്യാൻ സമയമായിരിക്കുന്നു അപ്പോൾ സത്യങ്ങൾ താനെ പുറത്തുവരും ഞാനത് ചെയ്യാൻ പോവുകയാണ് അനുമതി തന്നാലും മഹാരാജൻ മഹാനാമൻ സ്വാമി പുറത്തുനിന്നും രഹസ്യ സന്ദേശം അയച്ചിട്ടുണ്ട് അച്ഛനോ എന്റെ അച്ഛനും എവിടെയാണുള്ളത് വേഗം പറയാം അതൊന്നും പറയാൻ ഇപ്പോൾ സമയമില്ല വകുല വഴി ഗോപമന്ത്രി വിവരങ്ങൾ മഹാനാമ സ്വാമിയെ അറിയിച്ചിരുന്നു ഏത് നിമിഷവും സൈനികർ ഈ വീട് വളഞ്ഞേക്കും വ്യാപാരിയായ കാമസ്വാമി ഒരു വണ്ടിയും മിടുക്കനായ വണ്ടിക്കാരനെയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മഹാനാമൻ സ്വാമി ബുദ്ധഭിക്ഷുവിന്റെ രൂപത്തിൽ അമ്പവനത്തിൽ എത്തിയിട്ടുണ്ട് അങ്ങേ കൊണ്ടുപോകാൻ ആരെങ്കിലും അങ്ങേ ഇവിടെ കാണാൻ ഇടയാവുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടുകയാണ് ഉചിതം അങ്ങ് വ്യാപാരിയുടെ വേഷത്തിൽ നഗരത്തിൽ നിന്ന് രക്ഷപ്പെടണം ഒരു വിനായക പോലും വൈകാനിടയാവരുത് ദേവി അമ്മേ കാത്തുരക്ഷിക്കണേ കച്ചവട സാധനങ്ങൾ നിറച്ച വണ്ടിയുമായി കാമസ്വാമിയുടെ ഒരു അനുചരൻ ഉടൻ വീടിന്റെ പിണ്ണാമ്പുറത്തെത്തു അങ്ങ് തയ്യാറായാലും മഹാരാജൻ ഈ വകുലയെ വിശ്വസിക്കാൻ പോത്തരാ തീർച്ചയായും ആവശ്യം വന്നാൽ ജീവത്യാഗത്തിന് പോലും അവൾ തയ്യാറാവൂ ശരി മഹാരാജാവ് പുറപ്പെടുകയാണ് പോയി കാര്യങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ ഓ ശരി എന്തിനാണ് ദുഃഖിക്കുന്നത് സാഹചര്യങ്ങളുടെ അടിമകളാണ് കുറച്ചു ദിവസങ്ങൾ അങ്ങയെടുത്ത് കഴിയണമെന്ന് എന്റെ ആഗ്രഹം അങ്ങെനിക്ക് സാധിപ്പിച്ചു തന്നു യും അങ്ങയുടെ പ്രേമത്തിന്റെ തീവ്രത ഞാൻ അനുഭവിച്ചറിഞ്ഞു ഇനി തമ്മിൽ കാണാൻ എന്താണ് ഭാഗ്യമുണ്ടാവുക എന്നറിയില്ല ൾ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം സാധിച്ചു പോകുന്നതിന് മുൻപ് എനിക്ക് പിറക്കാൻ പോകുന്ന കൺമണിക്ക് അങ്ങയുടെ സംരക്ഷണം വേണം അങ്ങയുടെ ആനുകൂല്യവും ലഭിക്കണം ഈ മോതിരം സൂക്ഷിച്ചതാണ് സാഹചര്യങ്ങൾ കുറച്ചനുകൂലമാകുമ്പോ അവന് എന്റെ അടുത്തേക്ക് പറഞ്ഞേക്കണം തിരിച്ചറിയാനായി െ കണ്ട് സന്തോഷിക്കും ഞാൻ അവന് വാരിപ്പുണരും എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഒരു കാലത്തും ഞാൻ നിന്നെ മറക്കില്ല ഇത് മകധയിലെ മഹാരാജാവ് എം പി സാറിന്റെ വാക്കാണ് അങ്ങയോട് ഞാൻ എന്തൊളിച്ചു വെക്കാനാണ് വിഷസർപ്പങ്ങളും നരഭോജികളുമുള്ള കാട്ടിൽ പോലും ജീവിക്കാം പക്ഷേ മനുഷ്യത്വത്തിന്റെ കണിക പോലും ഇല്ലാത്ത ക്രൂരമായ നിയമങ്ങൾ ജനങ്ങളെ കൂട്ടാക്കാത്ത രാജാവ് അങ്ങനെയൊരു രാജ്യത്ത് ജീവിക്കാനാവില്ല വൈശാലി വിട്ടോടി വന്ന എനിക്ക് അഭയം താങ്കളോട് വളരെ നന്ദിയുണ്ട് എല്ലാം എനിക്കറിയാവുന്നതല്ലേ മഹാനാമൻ ഒരപേക്ഷ കൂടിയുണ്ട് അതുകൂടി പൂർത്തീകരിച്ചിട്ട് വേണം ശേഷിച്ച ജീവിതം ഒരു ബുദ്ധഭിക്ഷുവായി ശാന്തിയോടെ ജീവിച്ചു തീർക്കാൻ പറയൂ മഹാനാമ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ആമ്രപാലിയുടെ മകൻ അഭേ അവൻ മഹാരാജ ബിംബിസാരന്റെയും മകനാണ് താങ്കൾക്കും അറിവുള്ള കാര്യം അവനിപ്പോൾ പതിനഞ്ചു വയസ്സ് തികഞ്ഞു ആമ്രപാലി ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് അവൻ വൈശാലിയിൽ തന്നെ തുടരുന്നതിൽ അവൾക്ക് താൽപ്പര്യമില്ല മഹാരാജാവ് സമ്മാനിച്ച മോതിരവുമായി അവനെ ഒരു വ്യാപാരിയുടെ കൂടെ ഇങ്ങോട്ട് അയക്കുകയാണ് അച്ഛന്റെയും മകന്റെയും സമാഗമത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരണമെന്നാണ് അങ്ങയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് അഭയ് അവൻറെ അച്ഛനെ നേരിൽ കാണട്ടെ ആമ്രപാലിയുടെയും മഹാരാജാവിന്റെയും ബന്ധത്തിന് ഞാൻ സാക്ഷിയാണ് ഞാൻ മാത്രം പക്ഷെ ഇപ്പോ അന്തപുരത്തിലെ സ്ഥിതിഗതികൾ അത്ര അനുകൂലമല്ല അതെന്താണ് മഹാരാജാവിന്റെ മകൻ രാജകുമാരൻ അജാത ശത്രു ശത്രുവായി തീർന്നിരിക്കുന്നു കുമാരന്റെ സുഹൃത്തായ ദേവതത്തിനാണ് അവനെ ഉപദേശിച്ച് വഴിതെറ്റിക്കുന്നത് രാജകുമാരന്റെ ജനന സമയത്ത് ജ്യോതിഷികൾ പ്രവചിച്ചതുപോലൊന്നും സംഭവിക്കരുതേ എന്നാണിപ്പോൾ എന്റെ പ്രാർത്ഥന ജ്യോതിഷികൾ എന്താണ് പറഞ്ഞത് ചേലാദേവിയുടെ മകൻ അജാത ശത്രു പിതൃഘാതകനായി തീരുമത്രേ എന്താണ് രാജകുമാരന്റെ ആവശ്യം വേറെ എന്താവശ്യം മഹാരാജാവ് ബുദ്ധന്റെ അനുയായിയാണ് അജാത അതിഷ്ടമല്ല അത്ര തന്നെ അങ്ങനെയെങ്കിൽ അഭയ വന്നാൽ അവര് രാജാവിനെ സഹായിക്കാനാവുമല്ലോ ഹേ വയസ്സുള്ള കുട്ടി രാജാവിനെ എങ്ങനെ സഹായിക്കാനാണ് അതായത് അഭയനെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതാണോ അങ്ങനെയല്ല വൈശാലിയിൽ നടന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാം വൈശാലി രാജ്യസഭ അങ്ങയുടെ ആഗ്രഹങ്ങൾ നിരാകരിച്ചതും ആമ്രപാലിയോട് അനീതി കാട്ടിയതും എല്ലാം എനിക്കറിയാം അവളുടെ മകന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല അഭയനെ ഇങ്ങോട്ട് അയക്കാൻ പറയൂ ഞാൻ അവനെ കൊണ്ടുപോയി രാജാവിന്റെ മുമ്പിൽ നേരിട്ട് ഹാജരാക്കാം സന്തോഷമായി കോവന്നോഷമായി നന്ദിയുണ്ട് അവനിവിടെ എത്തുന്ന നിമിഷം തന്നെ ഞാനവനെ താങ്കളുടെ മുന്നിലെത്തിക്കാം ാണ് എനിക്കുറപ്പുണ്ട് എല്ലാം ശുഭകരമായി നടക്കും താങ്കളുടെ ആഗ്രഹം ആമ്രപാലി സമയം അസ്തമരാശി കഴിഞ്ഞു തോട്ടത്തിൽ ഇരുണ്ട മൂലയ്ക്ക് വള്ളിക്കുടിലെ ഏകാന്തത്തിൽ ഒറ്റയ്ക്കിരുന്ന് നീ എന്ത് ചെയ്യുകയാണ് മകളെ ഏകാന്തതുകൊണ്ട് ദുഃഖം ശമിക്കുമെന്നാ ആരാ നിന്നോട് പറഞ്ഞത് വാ നല്ല കാറ്റുള്ള തുറന്ന സ്ഥലത്ത് നമുക്ക് പോയിരിക്കാം നീ എന്താ ഇപ്പോൾ സംഗീതോപകരണങ്ങളൊന്നും വായിക്കാത്തത് ദുഃഖങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും പറ്റിയ മരുന്നാണ് സംഗീതം വിധി എന്നോട് ഇപ്പോഴും ഇത്രയും ക്രൂരമായി പെരുമാറുന്നത് എന്താണ് സഹിക്കാനാവുന്നതിലപ്പുറം വേദനകൾ ദുഃഖങ്ങൾ കുറച്ചുനേരം വീണ വായിച്ചത് നൃത്തം ചെയ്തതുകൊണ്ടോ മാറുന്ന ഒന്നല്ലേ തോന്നുന്നു മടുപ്പ് തോന്നുന്നു എനിക്കിപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബിംബിസാര മഹാരാജാവ് തടവറയിൽ കിടന്ന് നരകിക്കുകയാണ് സ്വന്തം മകനായ അജാത ശത്രുവിന്റെ എല്ലാ ദുഃഖങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നത് മന്ത്രി ഗോപന്നയുടെ ദയ കൊണ്ട് തക്ഷശിലയിൽ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട് അച്ഛനാണെങ്കിൽ ഭിക്ഷുവായി ദേശാടനം നടത്തുന്നു ബുദ്ധഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ഭാഗ്യവാനാണ് എന്റെ പ്രിയതമൻ എന്നിട്ടും എന്തേ എന്റെ ജീവിതത്തിൽ ഇനിയും എന്താണ് അനുഭവിക്കാൻ ബാക്കിയുള്ളത് അങ്ങനെ പറയരുത് മകളെ മനസ്സിനെ എന്തിനാണ് ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത് ദുഃഖം മനുഷ്യജീവനെ വളരെ വേഗത്തിൽ മരണത്തോടടുപ്പിക്കും അമൂല്യമാണ് മകളെ വിലമതിക്കാനാവാത്തത് ദുഃഖങ്ങളോട് യുദ്ധം ചെയ്ത് അവയെ തോൽപ്പിക്കാനാകണം വിഡിത്തം പുലമ്പല്ലേ തരണം മനസ്സിനെ ദുഃഖത്തിൽ നിന്നും സുഖത്തിലേക്ക് എത്തിക്കുന്നത് വസ്ത്രം മാറും പോലെ അത്ര എളുപ്പമാണോ മനസ്സിന്റെ ഗതി വിഗതികളെ എങ്ങനെ നിയന്ത്രിക്കാനാകും തരളാം മനുഷ്യ മനസ്സിനെ സന്തോഷിപ്പിക്കലാണ് നിന്റെ ദൗത്യം ദുഃഖം പങ്കുവെക്കലല്ല അത് നീ മറക്കരുത് അറിയിക്കാനുണ്ട് പറീമ ഭഗവാൻ ശ്രീബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് തെഴിഞ്ഞുണ്ട് വൈശാലി നഗരത്തിലെ എല്ലാ പ്രമുഖ വ്യക്തികളും സാധാരണ ജനങ്ങളും ഭഗവത് ദർശനത്തിനായി കൂട്ടം കൂട്ടുമായി വന്നുകൊണ്ടിരിക്കുന്നു നല്ല വാർത്ത ഭീമ പോയി ശ്യോട് പറയും ഉടൻ രഥവുമായി എത്താൻ എനിക്ക് പോണം പോയി ദർശനം നടത്തണം ആർത്ത കേട്ടതോടെ നിന്റെ മുഖം വീണ്ടും തെളിഞ്ഞല്ലോ സന്തോഷമായി ഇല്ലേ ഇതൊരു നിമിത്തമായിരിക്കാം ഭഗവാൻ ബുദ്ധൻ ഈ സമയത്ത് എനിക്ക് വേണ്ടിയായിരിക്കും അങ്ങനെ തോന്നുന്നില്ലേ തരള അതെ എനിക്കുറപ്പാണ് ആ സമയം കളയാനില്ല വേഗം പുറപ്പെടാം ശരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സന്യാസി വര്യന്മാരെ നമ്മൾ ഇന്നെന്താണോ അത് പരിണാമങ്ങളുടെ പരിണിത ഫലമാണ് നമ്മുടെ ചിന്തകളുടെ നമ്മുടെ ഭാവനകളുടെ നമ്മുടെ മനനങ്ങളുടെ നാം പിന്തുടരുന്ന പാതകളുടെ നമ്മുടെ ചിന്തകൾ കളങ്കിതമാണെങ്കിൽ വാക്കുകളും പ്രവൃത്തികളും സ്വാർത്ഥതരമാണെങ്കിൽ അതിന്റെ ഫലവും കഷ്ടതരമായിരിക്കും കർമ്മവും വചനവും പരിശുദ്ധമാണെങ്കിൽ സമാധാനവും സന്തോഷവും ജീവിതകാലം മുഴുവൻ നമ്മോടുകൂടെയുണ്ടാകും വിചാരങ്ങൾ പരിശുദ്ധമായിരിക്കട്ടെ സഹജീവികളെയും സമൂഹത്തെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ശീലിക്കൂ ഇന്ദ്രിയമോഹങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് മുക്തി നേടൂ ശാരീരികമായ ചോദനകളെ എതിർത്തു തോൽപ്പിക്കൂ സംയമനം പാലിക്കൂ സമൂഹത്തിലെ മര്യാദകളെ ലംഘിക്കുന്ന ഒന്നും നാം ചെയ്തു ശിഷ്യ ആനന്ദ എന്താണ് നിനക്ക് തോന്നുന്നത് അതെ തീർച്ചയായും ഭഗവാൻ ശരണം ഹൃദയം വല്ലാതെ പിടയ്ക്കുന്നു കൈകാലുകൾ വിറയ്ക്കുന്നു നമുക്ക് ഇറങ്ങി നടക്കാം ശരിയാണ് ഇനി അങ്ങോട്ട് വണ്ടിക്ക് പോകാനാവില്ല ഇറങ്ങിയേ പറ്റൂ ഭഗവാൻ ആമ്രപാലി അങ്ങയെ പ്രണമിക്കുന്നു അനുഗ്രഹിക്കണേ ഈ ആശ്രമത്തിലെ ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ എന്നെയും അനുവദിച്ചാലും ആമ്രപാലെ മകളെ മനുഷ്യരുടെ പാപപങ്കിരവും വിഷലിപ്തവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ മൗനമാണ് ശാന്തി ചെയ്യുന്നത് ബന്ധങ്ങളാണ് എല്ലാ ദുഃഖങ്ങളുടെയും മൂലകാരണം ലോകം സമാധാനപൂർണമാകണമെങ്കിൽ ജ്ഞാനമാണ് സാധനയാക്കേണ്ടത് ഭഗവാൻ അങ്ങയുടെ ഉപദേശങ്ങൾ എന്നെ പോലുള്ളവർക്ക് അമൃത്തിന് സമമാണ് എനിക്കൊരു അപേക്ഷയുണ്ട് അങ്ങ് എല്ലാ ശിഷ്യഗണങ്ങളും ഒത്തു വന്ന് എന്റെ ആതിഥ്യം സ്വീകരിക്കണം ഓ അങ്ങനെയാകട്ടെ സന്തോഷം സന്തോഷം എനിക്കാണ് ഭഗവാൻ ഞാൻ ധന്യായി ആമ്രപാലി വിട പറയുന്നു പ്രഭു മംഗളം ഭവിക്കട്ടെ ഈ ശബ്ദഘോഷം അതെന്താണ് ആനന്ദ ഭഗവാൻ അത് ഈ രാജ്യത്തെ ലിച്ചാവി രാജകുടുംബത്തിലെ എട്ട് പ്രമുഖ കുടുംബാംഗങ്ങൾ അങ്ങേ ദർശിക്കാൻ വന്നതിന്റെ ഘോഷമാണ് ഗുരു ഇത് ഈ നഗരവുമായി അവസാനത്തെ കൂടിക്കാഴ്ചയാണ് വൈശാലി പഴയ വൈശാലിയല്ല മുമ്പ് മനോഹരവും സമ്പന്നവും സുരക്ഷിതവും അതിസമൃദ്ധവുമൊക്കെയായിരുന്നു ഈ നഗരം പക്ഷെ ഇന്ന് സ്പർദ്ധയും അക്രമവും അനന്തിയും ഈ നഗരത്തിന് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രണാമം ഭഗവാൻ പ്രണാമം മാനിമിത്രമേ നാളെ അങ്ങ് ശിഷ്യന്മാരുടെ കൂടെ എന്റെ ഭവനത്തിൽ വരണം ഭക്ഷണം കഴിക്കണം ക്ഷമിക്കണം നാളെ അമ്രപാലിയുടെ ആതിഥ്യം സ്വീകരിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തു പോയാ എന്ത് ഒരു ഗണികയുടെ ആദിത്യമോ ഇത് രാജകുടുംബത്തിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് എവിടെവൾ ആ ഗണിക ഏയ് ഹേയ് ഗണിക ഞങ്ങളെ അപമാനിച്ചിട്ട് പൊയ്ക്കളയാമെന്നാണോ വാ വാ ഇവിടെ ഉന്നത കുലജാതരായ ലിച്ചാവി കുടുംബത്തിലെ സ്ത്രീകളോടാണോ വെറും കീടമായ നീ മഹാത്മാവേ അങ് എന്തൊക്കെയാണ് പറയുന്നത് കീടം അപമാനം ഭഗവാൻ ബുദ്ധനേ സ്വീകരിക്കുന്നതാണോ അങ്ങയുടെ രോഷത്തിന് കാരണം അതെങ്ങനെ അഗ്നയെ അപമാനിക്കലാവും ഇപ്പോൾ തന്നെ പോയി അദ്ദേഹത്തോട് പറി ക്ഷണം പിൻവലിച്ചെന്ന് പോ പകരമായി ഞാൻ നിനക്ക് ഏഴായിരം സ്വർണനാണയങ്ങൾ തരാം പോയി പറ ആര്യപുത്ര ഈ വൈശാലി രാജ്യം മുഴുവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഞാനത് പറയില്ല ഞാൻ അദ്ദേഹത്തെ അപമാനിക്കില്ല ക്ഷമിക്കണം ശ്യാമളിക് നമുക്ക് പോകാം എല്ലാ ഏർപ്പാടുകളും പൂർത്തിയായില്ലേ തരള എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷം ഭഗവാൻ ശ്രീബുദ്ധൻ ഈ ഗണികയുടെ ആതിഥ്യം സ്വീകരിക്കാനെത്തുന്നു അതും രാജകുടുംബങ്ങളുടെ ക്ഷണം നിരസിച്ചുകൊണ്ട് ഇതിൽപരം എനിക്കൊരു സായുജ്യമുണ്ടോ ഞാനൊരു കാര്യം പറയട്ടെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നിന്റെ മുഖം പ്രസന്നമായിരിക്കുന്നു മുമ്പ് മഹാരാജ് ബിംബിസാരനുമൊത്ത് കഴിഞ്ഞിരുന്ന നാളുകളിൽ കണ്ട അതേ പ്രകാശം അതേ സന്തോഷം അതേ ഉത്സാഹം ഭഗവാൻ എഴുന്നണന്നു വരൂ സ്വീകരിക്കാം ഭഗവാനേ വളരെ രുചികരമായ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു സന്തോഷമായി മകളെ നിനക്ക് എന്നോടെന്തോ ചോദിക്കാനുണ്ടോ ഒരു ഭിക്ഷ ചോദിച്ചോട്ടെ ഭഗവാൻ ഭിക്ഷയോ ആമ്രപാലിക്ക് ഭിക്ഷയോ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ആരെങ്കിലും എനിക്കൊരു ഉത്തരേം തരുമോ ആനന്ദ ഓ ഗുരോ ആമ്രപാലി ഇതാ ഇതെടുത്തോളോ ഞാനിപ്പോൾ തിരിച്ചെത്താം ഇതെന്താണ് വിലപിടിച്ച വേഷഭൂഷാദികളൊക്കെ മാറ്റി എന്റെ പഴയ തന്നാൽ ഭഗവാനെ പങ്കിലയായ ഈ സ്ത്രീക്ക് എന്തുദ്ദേശം ശപിക്കപ്പെട്ട ജന്മം ജീവിതത്തിലെ സുഖാനുഭവങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ടവളാണ് ഞാൻ വഞ്ചിക്കപ്പെട്ടവൾ എന്റെ ദുർവൃത്തിയുടെ ശമ്പളമാണ് ഇന്നീ കുമിഞ്ഞു കൂടിയ രണ്ട് ശുഭമുഹൂർത്തങ്ങൾ മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ ഒന്നാമത്തേത് മഗധരാജ്യത്തിന്റെ ഭാവി രാജാവിന്റെ രാജമാതാവായി ഞാൻ എന്നതാണ് രണ്ടാമത്തെ ശുഭമുഹൂർത്തം ഇതാണ് എന്റെ വീട്ടിൽ അങ്ങയുടെ പാദസ്പർശമുണ്ടായിരിക്കുന്നു ഈയൊരാഘോഷവേളയിൽ വലിയൊരു മോഹം കൂടിയുണ്ട് അങ്ങയുടെ പാദസ്പർശമേറ്റ ഈ ഭവനത്തിൽ ഇനി ഈ ആഡംബര വസ്തുക്കളൊന്നും വേണ്ട സുഖഭോഗ വസ്തുക്കൾ വേണ്ട എല്ല എല്ലാം ഞാൻ അങ്ങയുടെ ചരണങ്ങളിൽ സമർപ്പിക്കുകയാണ് ഈ മണിമാളികകൾ പണപ്പെട്ടികൾ സ്വർണാഭരണങ്ങൾ ആന കുതിര തുടങ്ങിയ മൃഗങ്ങൾ രഥം വില കൂടിയ വസ്ത്രങ്ങൾ അങ് തന്ന ഈ വസ്ത്രം മാത്രം മതി ഇനി എനിക്ക് എന്റെ നഗ്നത മറയ്ക്കാനായി ഇന്ന് തൊട്ട് ആമ്രപാലി ഭഗവൻ ബുദ്ധന്റെ അങ്ങയുടെ കാലടികളാണ് എനിക്ക് ശരണം ഭിക്ഷ കിട്ടിയ ഈ വസ്ത്രത്തിന്റെ പവിത്രത മകളെ ഗുരു നാടകം സമാപിക്കുന്നു മൂല തെലുങ്ക് രചന ഇന്ദ്രഗണ്ഡി ശ്രീകാന്ത് ശർമ്മ ഹിന്ദി വിവർത്തനം ഡോ ടി വസന്ത മലയാള പരിഭാഷ സത്യനാഥ് രാമനാട്ടുകര കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ആമ്രപാലി സൌവർണിക വാരിജൻ തരള എൽ സുകുമാരൻ ബിംബിസാരൻ സുന്ദർരാജ് രാമനാട്ടുകര മഹാനാമൻ കെ സി കരുണാകരൻ പേരാമ്പ്ര സിംഹസ്വാമി ഹരികൃഷ്ണൻ നമ്പൂതിരി ഗോപമന്ത്രി എൻ വി ബിജു ബുദ്ധൻ ടോമി എബ്രഹാം ഗോവിന്ദസ്വാമി ഗംഗാധരൻ ആയിടത്തിൽ പ്രഭുക്കന്മാർ വിനോദ് മേക്കോത് എസ് വിജയകുമാർ അനിൽ ആയഞ്ചേരി ചിത്രകാരൻ ബാദരി എം ടി ശ്രീകേഷ് ആനന്ദൻ ശോഭീഷ് പേരാമ്പ്ര ഭീമാസ്വാമി എൻ കെ എടക്കയ്യൽ ശ്യാമളിക് മനോജ് കുമാർ സേവകൻ ടി പുരുഷു സംവിധാനം മാത്യു ജോസഫ് ടിവി വി സഹായം പി നിഷ അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം